അത്രയേ ശ്ലോകത്തിന് അടുത്തു വരുന്നത് കാര്യകയാണ് നിവൃത്തി സർവുഃഖാ ഈശാന പ്രഭുരവ്യയ അദ്വൈതസഭാവാഭുസ്മൃത ഏഴാമത്തെ മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് മാണ്ഡൂക്യത്തിന്റെ താൽപ്പര്യം ഇവിടെ കൊണ്ട് കയറുന്നവഴി മാണ്ടൂക്കി ഉപനിഷത്തിനെ സംബന്ധിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഏഴ് മന്ത്രങ്ങളിൽ തീർന്നു ആ ഏഴ് മന്ത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഭാഗങ്ങൾ അതുകൊണ്ട് ഇനി എല്ലാവരും ഇവിടെ ഇരുന്നത് കേൾക്കണമെന്നില്ല ഭാഷ്യവും അതുപോലെ ഈ ഭാഗത്തെ ഭാഷ്യം ഇതുവരെയുള്ള ഭാഷ്യത്തെ കുറിച്ച് പറയുന്നത് ഭാഷ്യകാരന്റെ രചനകളിൽ വച്ച് വളരെ അപൂർവം അതിശ്രേഷ്ഠം വളരെ ഗഹനം വളരെ ഗംഭീരം വളരെ സൂക്ഷ്മം എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പല പ്രധാനപ്പെട്ട തത്വങ്ങളും തത്വങ്ങളെന്ന് പറയുമ്പോൾ ആ പരമാർത്ഥം ഇവിടെ വളരെ ലളിതമായി തന്നെ ഭാഷ്യകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ഭാഷകാരന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് മറ്റാർക്ക് സാധ്യമാകാത്തതാണ് അതുകൊണ്ട് ശ്രുതിയുടെ നിലയിലായാലും ശരി ഭാഷയത്തിന്റെ നിലയിലായാലും ശരി ഇത്രയും വ്യക്തമായി പരമാർത്ഥം വെളിപ്പെടുത്തുന്ന ഭാഷ ഭാഗങ്ങൾ വളരെ അപൂർവമാണ് സർവ സംശയച്ചാണ് സർവ്വ സംശയങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ ുള്ള വിശദീകരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു എന്നാൽ ഇനിയും നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് സന്ദർഭികമായി അതും പറയാം അതായത് രണ്ടു തരത്തിലാണ് ശാസ്ത്രത്തിന്റെ പ്രതിപാദം ഒന്ന് പലപ്പോഴും പല ഭാഗങ്ങളിലും ആ വക്താവ് ശ്രോതാവിന്റെ നിലയിലേക്ക് ഇറങ്ങിവരും വളരെ താഴ്ന്നുവരും ഗീതയിലും മറ്റും നമ്മൾ കൂടുതലും അതാണ് കാണുന്നത് നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുക അതിന് ചിലപ്പോൾ വക്താവ് തയ്യാറാവും അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ പറയും പ്രഭാഷണം ഉഗ്രമായി എന്തുകൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുടെ നിലയിലല്ല നമുക്ക് മനസ്സിലാകുന്ന നിലയും സ്വീകരിക്കും അതാണല്ലോ നമുക്ക് ആവശ്യം അപ്പോൾ നമ്മളോട് ചെയ്യുന്ന വക്താവിന്റെ ഒരു വിട്ടുവീഴ്ചയാണ് നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ താഴ്ന്നു വന്ന് കാര്യങ്ങൾ പറയും ഇതിൽ മറ്റും കൂടുതൽ അതാണ് കാണുന്നത് പക്ഷെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും ചില സമയത്ത് വക്താവ് അങ്ങനെ താഴോട്ടിറങ്ങി വരാൻ കൂട്ടാക്കത്തില്ല നമ്മുടെ ഒരു അവകാശമാണെന്നൊക്കെ നമ്മൾ കരുതിയാലും തത്വചിന്തയിലാകുന്ന ഒരു വിഷയമുണ്ട് സ്വന്തം നിലയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും സ്വന്തം നിലയിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് കയറി ചെല്ലേണ്ടി വരും അതാണ് പറയുള്ളൂ പ്രജ്ഞാപ്രാസാദം ആരുഷ്യ വ്യാസഭഗവാൻ പറയും പ്രജ്ഞാപ്രാസാദത്തിലിരുന്നു കൊണ്ട് തന്നെ തന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ വിശദീകരിക്കും മാണ്ഡിക്യത്തിന്റെ ശൈലി അതാണ് കൂടുതലും അങ്ങനെയാണ് താഴോട്ട് ഇറങ്ങി വരാൻ പലപ്പോഴും കൂട്ടാക്കത്തില്ല അവിടെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും ആവശ്യമുള്ള കയറി ചെല്ലേണ്ടി വരും അങ്ങനെ കയറി ചെല്ലുന്നതിൽ പലപ്പോഴും ഇത് പോരാതെ വരും അത്ര പ്രശ്നമാണ് നമുക്ക് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമ്മുടെ നിലയിലേക്ക് പലപ്പോഴും ഇറങ്ങി വരത്തില്ല തന്റെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വക്താവ് തന്റെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും അതിന് ഉൾക്കൊള്ളുന്നതിനുള്ള പക്വത ില്ലാതെ വന്നുകഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ശ്രോണം പോലും അസാധ്യമായി വളരെ ഉച്ചത്തിലിരുന്നു കൊണ്ടൊരാണ് സംസാരിച്ചാൽ ഇപ്പോ ഇവിടുത്തെ ഏറ്റവും പൊക്കമുള്ള കെട്ടിടത്തിന്റെ മേളിൽ കയറിയുന്ന ഒരാൾ സംസാരിച്ചാൽ താഴെ നിൽക്കുന്ന ആണ് പലപ്പോഴും കേൾക്കാൻ പോലും കഴിഞ്ഞിരുന്നത് കേട്ടിട്ടില്ലേ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കും അതേ ഒരു സ്ഥിതിയാണ് മാണ്ഡൂതയത്തിൽ പറഞ്ഞപ്പോൾ ശ്രുതിയും അങ്ങനും യോഗ്യത ഉള്ളവൻ കേട്ടാൽ മതി എന്നുള്ളൊരു നിലപാടാണ് യോഗ്യത ഉണ്ടാക്കി പിന്നെ കേൾപ്പിക്കാനുള്ള അതിനൊന്നും വിലപ്പെടുത്തില്ല ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് ഇതിൽ അനുഭവപ്പെടാറുള്ളത് പല ഭാഗങ്ങളും നമുക്ക് ദുർഗ്രഹമായും ക്ലിഷ്ടമായും ഒക്കെ തോന്നും അത് വക്താവ് വക്താവിന്റെ നിലയിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ് ശ്രോതാവ് അങ്ങോട്ട് കയറിച്ചെണ്ണം എന്നിട്ടതിനെ ഉൾക്കൊള്ളണം ആ ഒരു അതിനൊരു പോരായ്മയായി നമ്മൾ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഈ ഭാഷയത്തിനപ്പുറം ഇനി തത്വത്തെ പ്രതിപാദിക്കാൻ വേറെ ഒന്നുമില്ല പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ അപ്പം ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പുതുമയായിട്ടോ തത്വവിരോധമായിട്ടോ യുക്തിക്ക് നിരക്കാത്തതായിട്ടോ അഭ്യുക്തമായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പോരായ്മയായിട്ട് കണ്ടാവാൻ അതിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഏഴ് മന്ത്രങ്ങളെ കൊണ്ട് ഇവിടെ പറഞ്ഞു ഇനി ഇവിടെ വരുന്ന കാര്യങ്ങളും അതിന്റെ വിശദീകരണം എന്നുള്ള രൂപത്തിലാണ് ഇസീം ഭാഗങ്ങൾ മനസ്സിലാക്കിയവർക്കിവിടെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭാഷകാരനൂടെ ദീർഘമായ വ്യാഖ്യാനൊന്നും ചെയ്തിട്ടില്ല അതിന്റെ സാമാന്യമായ ആശയം വ്യക്തമാക്കി പോയിട്ടേജ് തേജസ്വശ്വലക്ഷണാനാം സർവദുഃഖാനം ഇന്നിവിടുത്തെ ആത്മാർവദുഃഖങ്ങളും സർവദുഖങ്ങളെന്ന് പറയുന്ന സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ജാഗ്രതയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങളെല്ലാം എന്നാണ് അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ് ത്രിവിധ ദുഃഖങ്ങൾ ആധ്യാത്മികം ആദ്യഭൗതികം ആദ്യ ദൈവികം ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളെക്കുറിച്ച് പറയും മറ്റെല്ലാ ഭാഗങ്ങളിലും അങ്ങനെയാണ് പറയുന്നു ദുഃഖം നമുക്ക് അനുഭവപ്പെടുന്നതാണ് പക്ഷെ ഇവിടെ മാണ്ഡുവ്യം അങ്ങനെയുണ്ട് പറയും നമ്മൾ സാധാരണ ദുഃഖമൊന്ന് കണക്കാക്കുന്നത് നമ്മുടെ ദുഃഖത്തിന്റെ മൂന്നിലൊന്നേ ഉള്ളൂ നമ്മൾ ദുഃഖമായി തിരിച്ചറിയുന്നു വിശുന്മാരിൽ വിശുവിന്റെ ദുഃഖമാണ് നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നെന്താണോ അത് മാത്രം രണ്ടു ദുഃഖം കൂടിയുണ്ട് പ്രാജ്ഞനും തൈജസ്സും എപ്പോഴെങ്കിലും നമ്മളതിനെടുക്കെടുക്കാറില്ല തൈജസൻ അതും ജാഗ്രത പോലെ അതിനുകൊണ്ടല്ല സുഖദുഃഖങ്ങളെല്ലാം അതുകൊണ്ട് അതിനെയും ദുഃഖമായിട്ട് പ്രാജ്ഞന്റെ ദുഃഖം അതൊക്കെ ഇനി അടുത്ത് വിശദീകരിക്കും എന്താണ് ബീജ നിദ്രിത പ്രാജ്ഞ അപ്പൊ സർവ ദുഃഖത്തിന്റെ ഉറവിടമാണത് അതാണ് മഹാദുഃഖം ഈ ദുഃഖങ്ങളുടെ എല്ലാം നിവൃത്തിക്ക് ഈശാനനായിരിക്കുന്നത് ആരാണ് തുര്യനാണ് അതിന് പ്രഭുവായിരിക്കുന്നവൻ ഈശാനന്റെ അർത്ഥമാണ് അവിടെ പറയുന്നത് പ്രഭു അതിന് സമർത്ഥം തുര്യനെ ഈ ദുഃഖം നിവൃത്തി സാധ്യമാകും ജാഗ്രത നമുക്ക് അനുഭവപ്പെടുന്ന ദുഃഖം അതിന്റെ നിവൃത്തിക്കുള്ള പല ഉപായങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ സാധന ചെയ്യുന്ന എല്ലാ ഉപായങ്ങളും നമ്മൾ ജാഗ്രത ദുഃഖ നിവൃത്തി കണക്കിലെടുത്തുകൊണ്ടാണ് ഭൗതികമായാലും ശരി ആധ്യാത്മികമായാലും ശരി ആധ്യാത്മികമായി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ എന്താണ് നമ്മൾ ജീവിക്കുന്നു പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു തത്വചിന്ത ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ എപ്പോഴും ജാഗ്രതയുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ച് ജാഗ്രത്തിലെ ദുഃഖങ്ങളും സംസാരം എന്ന് നമ്മൾ പറയുന്ന ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് വിശ്വന്റെ ഭാഷയാണ് ആ പ്രവൃത്തികളെല്ലാം എവിടെ നിൽക്കുന്നു നമ്മുടെ മാനസിക തലത്തിൽ നിൽക്കുന്നു നമ്മള് നമ്മുടെ ഈ ജാഗ്രത്തിലെ മനസ്സുകൊണ്ട് ദുഃഖങ്ങളെ അറിയുന്നു അതിനെ ഒഴിവാക്കാനുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു പക്ഷേ ഈ ദുഃഖ നിവൃത്തിയും ശാശ്വത വിലയുന്നതുകൊണ്ട് ആ ദുഃഖ നിവൃത്തിയും നമ്മുടെ മനോവൃത്തി ഇവിടെ സംഭവിക്കുന്നു ദുഃഖമൊന്നുമില്ല സന്തോഷമായി സമാധാനമായി എന്ന് കരുതുന്നത് പോലെ നമ്മുടെ മനോവൃത്തികളാണ് എല്ലാ മനോവൃത്തികളും ദുർബലങ്ങളാണ് ക്ഷയിച്ചുപോവും നശിച്ചുപോവും വീണ്ടും ദുഃഖം പ്രത്യക്ഷപ്പെടും അതുകൊണ്ടാണ് ഇവിടുത്തെ ദുഃഖ നിവൃത്തിക്ക് നമ്മൾ എന്തൊക്കെ ഉപായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും അതൊന്ന് ശാശ്വതമാകാത്ത അതുകൊണ്ട് ദുഃഖ നിവൃത്തി എവിടെ സംഭവിക്കണം തുരിയലിൽ അവിടെ സംഭവിക്കുന്നു അതിന് മാനസിക വൃത്തികളുമായിട്ട് ബന്ധമൊന്നുമില്ല മാനസിക വൃത്തികളിലൂടെയുള്ള നിവൃത്തി രൂപത്തിലുള്ള വൃത്തിയല്ല പറഞ്ഞല്ലോ പുരിയൻ കുറച്ചെടുത്ത് പറയും ദൃർക്കായിരിക്കുന്ന ജാഗ്രത്തിൽ സ്വപ്നത്തിനും സുഷുത്തിനും സർവദുർക്കായിരിക്കുന്ന ആ തുരിയ സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ ഈ സർവ്വദുഃഖങ്ങളും ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന സർവ്വദുഃഖങ്ങൾ അതിന്റെ നിവൃത്തി സംഭവിക്കത്തുള്ളൂ അത് ഭാഷകാലം പറയും എന്താണ് തുരിയായിരിക്കുന്നവന് തുര്യനിൽ നിലയുറപ്പിച്ചിരിക്കുന്നവൻ എന്നൊക്കെ പറയും ഭാഷ കൊണ്ട് സർവദൃക്കായിരിക്കുന്നവൻ അവന് തിരിയ അധിഗമം സാധ്യമായവന് തിരിയ തത്വത്തെ ബോധ്യമായവന് അങ്ങനെയുള്ളവന് മാത്രമേ സർവ ദുഃഖ നിവൃത്തി സംഭവിക്കത്തുള്ളൂ ദുഃഖ നിവൃത്തിക്ക് സമർത്ഥനായിരിക്കുന്നവൻ ഈ തുരിയനാണ് എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്നു ബാക്കിയുള്ള ദുഃഖം നിവൃത്തിയുള്ള ഉപായങ്ങളെല്ലാം താത്കാലികമാണ് അതുകൊണ്ട് പറയുന്നു അതിന് സമർത്ഥനായിരിക്കുന്നവൻ തുര്യനാണ് ഇവിടത്തെ പ്രത്യേകത ഏതാണ് എല്ലാ ചിന്തകളും തുര്യനിൽ അവസാനിപ്പിക്കാൻ പറയും തുര്യൻ ചിന്തകളെല്ലാം ഒടുങ്ങണം അതിനു വേണ്ടിയിട്ടാണ് തുര്യനെ ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞ് തുര്യനെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകളെ അകറ്റുന്നു ആ രീതിയിലാണ് ഇവിടുത്തെ വിശ്വസിക്കുന്നത് ഈശാന വ്യത്യസ്ത പദസ്യ വ്യാഖ്യാനം പ്രഭു ഈശാനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പ്രഭു എന്നർത്ഥം ദുഃഖ നിവൃത്തി ആ ദുഃഖ നിവൃത്തിക്ക് സമർത്ഥനായിരിക്കുന്നവൻ ശക്തനായിരിക്കുന്നവൻ യോഗ്യനായിരിക്കുന്നവൻ തുലീയനാണ് തുര്യൻ എന്തുകൊണ്ടാകാൻ കഴിയുന്നു കാരണം തുര്യന് സങ്കല്പങ്ങളില്ല ചിത്തപടുത്തികളില്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ശാന്തനും ശിവനും അദ്വയനുമായിരിക്കുന്നു പിന്നെ അവിടെ ദുഃഖത്തിന് സ്ഥാനം അതിൽ നിന്ന് വ്യതിചലന സംഭവം സംഭവിച്ച് ഈ മാനസിക ലോകത്തിലേക്ക് വരുമ്പോൾ ആ ലോകത്ത് നിൽക്കുമ്പോൾ അവിടെ ദുഃഖമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സുഖവും ദുഃഖമായി തന്നെ അതുകൊണ്ട് ഭാഷ്യകാരനത് വ്യാഖ്യാനിക്കുകയാണ് തദ്ജ്ഞാന നിമിത്ത നിവൃത്തി ദുഃഖ നിവൃത്തി എന്ന് പറയുന്നതിന് എന്താ കാരണമായിട്ട് നമുക്ക് പറയാമെന്നുള്ളത് തദ്വിജ്ഞാനം ആ തിരിയെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം തുരിയെ കുറിച്ചുള്ള തത്വിജ്ഞാനം ആ ജ്ഞാനമാണ് സർവ ദുഃഖങ്ങളെയും നിവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് അഭ്യാസത്തിലൂടെ എന്തെല്ലാം അവസ്ഥകളെ പ്രാപിച്ചാലിച്ച് ദുഃഖ നിവൃത്തി സാധ്യമല്ല തുരിയ തത്വജ്ഞാനം കൂടാതെ എന്തവസ്ഥകളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് മറ്റ് ഭൗതികമായ ഉപായങ്ങളുടെ സർഗപ്രാപ്തി അവിടെ ദുഃഖനിവൃത്തി വരില്ല എന്ന് നമുക്കറിയാം പക്ഷെ ആന്തരികമായ ഉപായങ്ങളുടെ സമാധി പ്രാപിച്ചാലും ദുഃഖ നിവൃത്തി ഉണ്ടാകുമോ ഉണ്ടാകും സമാധിയിലിരിക്കുന്നിടത്തോളം കാലം സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലും ആ ഉണർവിന് ദുഃഖമുണ്ടായിരിക്കും അതുകൊണ്ടിവിടെ പറയുന്നു തദ്വിജ്ഞാനം എന്നുവെച്ചാൽ അതുലിയ സാക്ഷാത്കാരം അത് മാത്രമാണ് ദുഃഖ നിവൃത്തിക്കേണ്ട ഉപായം അവിടെ സർവ്വ ദുഃഖങ്ങളും നിവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ വസ്ത്ര പറഞ്ഞു സർവദുഃഖങ്ങൾക്കും സാധകനായിരിക്കുന്നത് ഈ തുരിയൻ തന്നെ സർവദുഖങ്ങളെയും നിലനിർത്തിയിരിക്കുന്നത് സർവദുഃഖങ്ങളും നിലനിൽക്കുന്നതും ഈ തുര്യനത്തിന് അതുകൊണ്ട് ആ ദുഃഖ നിവൃത്തി ആശ്രയിക്കേണ്ടതും ദുരിയിനത്തിന് കാരണം അതിന് സർവശക്തനായ രാജാവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട് രക്ഷിക്കാനും അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെ സർവദുഃഖങ്ങളെയും നിലനിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തുര്യനെ കുറിച്ച് പറയുന്നതാണ് സർവ്വദുഃഖസാധകനാണ് തുര്യനാണ് സർവ്വദുഃഖങ്ങളും നിലനിർത്തുന്നത് അത് ഏതുവരെ വിജ്ഞാനപ്രാപ്തി വരെ ആ വിജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാലോ അതേ തുരിയൻ തന്നെ സർവ ദുഃഖ ബാധകനാകുന്നു രണ്ടു ഒരാള് തന്നെ സർവ്വ ദുഃഖങ്ങളെയും ബാധിക്കുന്നതും അവൻ തന്നെ അതുകൊണ്ടാണ് മറ്റൊരു പറയുന്നത് ദുഃഖം നിലനിൽക്കുന്നത് അവിടെ നിന്നാ ദുഃഖമില്ലാതാണ് പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നത് തുര്യൻ ആണ് എന്തുകൊണ്ട് ശരീരവും അതെല്ലാം പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചം എല്ലാം തിരിയനിലാണ് നിൽക്കുന്നത് തിരിയന്റെ സ്പന്ദനങ്ങളാണെന്ന് പറഞ്ഞു നേരത്തെ ഭാഷകാരം പറഞ്ഞു അത് പോകണമെങ്കിലും അവിടെ തന്നെ അതില്ലാതാവണം അതിന് പുറമെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് പഴവേലാണ് വീണ്ടും അത് കടന്നു വരും അതുകൊണ്ട് അതിനാധാരമായിരിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും ആധാരമായിരിക്കുന്ന സർവ്വ ദുഃഖങ്ങൾക്കും സാധകമായിരിക്കുന്നതിന്റെ ബാധ വരണം അങ്ങനെ ബാധക അതെന്തുകൊണ്ടേ വരത്തുള്ളൂ അതാണ് പറയുന്നത് തദ്വിജ്ഞാന്ജ്ഞാനം കൊണ്ട് അതുകൊണ്ട് ഭാഷ്യകാലം പറഞ്ഞു തദ്വിജ്ഞാന നിമിത്തത്വ ദുഃഖ നിവൃത്തി നിമിത്തമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തുര്യൻ ഇവിടെ പറയുന്ന എന്താണ് പ്രഭു അതാണ് ഇതിന്റെ തുടക്കത്തിൽ ഓർമ്മ ഉണ്ടാകുമെന്നറിയത്തില്ല തുടങ്ങുന്ന സമയത്ത് ഭാഷകാരം പറഞ്ഞു പാതുനസ്തുയ ആ തുരിയൻ ഞങ്ങളെ രക്ഷിക്കട്ടെ അവിടെ പ്രാർത്ഥന തുരിയനോടാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒന്നിനോടു നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിനോടോ നമ്മുടെ സങ്കല്പത്തിലുള്ള ദേവതകളോടോ അല്ല മറിച്ച് പരമാർത്ഥസ്വരൂപനായിരിക്കുന്ന തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞെന്തുകൊണ്ടാണോ ഇപ്പൊ നമ്മളെ ശിക്ഷിക്കുന്നത് ഈ തുര്യൻ ആ ശിക്ഷിക്കുന്നവനെ രക്ഷിക്കാൻ പറ്റും ആത്യന്തിയമായി അവൻ തന്നെ രക്ഷിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥന ചെയ്ത തുടക്കത്ത് അതെങ്കിൽ അവിടെയും സംശയം വരും തുരിയനോടെന്താ പ്രാർത്ഥിക്കാം പലരും ചോദിക്കാറുണ്ടല്ലോ നിർഗുണ ബ്രഹ്മത്തിനോടെന്താ പ്രാർത്ഥിക്കാം നിർഗുണബ്രഹ്മം അതിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള ഒന്നുമില്ലല്ലോ മനസ്സില്ല മറ്റൊന്നും അവിടെയില്ല പിന്നെ അതിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം പക്ഷെ ഭാഷകാരൻ അതിനോടാ പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ആ തുരിയെ ഞാൻ നമസ്കരിക്കുന്നു രണ്ട് ശ്ലോകങ്ങൾ അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് നമസ്കരിക്കുന്നത് ദുഃഖ നിവൃത്തിക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത് ദുഃഖത്തെ നിവർത്തിപ്പിച്ചുകൊണ്ട് അത് ആത്യന്തികമായി അവിടെ സാധ്യമാകും അവിടെ ചോദ്യം വരും എന്താണ് അതെങ്ങനെ നിർഗുണത്തിൽ പ്രാർത്ഥന ചെയ്യും കാരണം പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കേൾക്കാനൊരു ചെവിയും നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ കാണാനുള്ള ഒരു കണ്ണും എല്ലാം വേണ്ടേ അത് സഗുണത്തിലല്ലേ സാധ്യമാവും നിർഗുണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു ഗുണമില്ലാത്തതെന്നാണ് അതിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ആ ഒരു തത്വം മനസ്സിലാക്കിയാൽ മതി എന്താണ് നിർഗുണത്തിന് കാണുന്നതിന് കണ്ണ് വേണ്ട നിർഗുണത്തിന് കേൾക്കുന്നതിന് ചെവി വേണ്ട അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാകത്തില്ല കണ്ണില്ലാതെ കാണാനും ചെവിയില്ലാതെ കേൾക്കാനും കഴിയുന്നവനാണ് പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ വാശി പിടിക്കുകയാണ് എനിക്ക് കണ്ണുണ്ട് അതുകൊണ്ട് എന്റെ ഈശ്വരനും കണ്ണ് വേണം ഈശ്വരനും നമ്മൾ കണ്ണ് വയ്ക്കുന്നു എനിക്ക് ചെവിയുണ്ട് അതുകൊണ്ട് ഈശ്വരനും ചെവിയാണ് ഈശ്വരനും ചെവി വയ്ക്കുന്നു നമ്മുടെ മിഥ്യായ സങ്കല്പങ്ങളനുസരിച്ച് നമ്മളിലുള്ള ഓരോന്നുകൂടെ ആരോപിച്ചിട്ടാണ് നമ്മളിലുള്ളതെല്ലാം അതി കൂടി വലുതായി ഭംഗിയായി ആരോപിക്കുന്നു അതാണ് സഗുണ കൽപ്പന എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് കൽപ്പിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെവിടെ കൽപ്പിക്കുന്നു ഈ തുരിയലിനാണ് കൽപ്പിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പിന്നീട് നമ്മുടേതായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നു അങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നു സന്ധി ചെയ്യുന്നു പരമാർത്ഥ തത്വത്തിനുമായിട്ട് നമ്മൾ ഇങ്ങനെ സന്ധി ഏർപ്പെടുന്നു കോംപ്രമൈസ് എന്ന് പറയും എന്നിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു നമ്മളതിനെ ഉൾക്കൊള്ളുന്നു അതിന് ശാസ്ത്രം അനുവദിച്ചു തരുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞെന്താണോ പലപ്പോഴും നമ്മുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഇവിടെ അതല്ല ഇവിടെ പറയുന്നത് ആ നിലയിൽ നമ്മൾ കയറി ഇവിടെ അങ്ങനെ നമ്മളോട് യാതൊരു സന്ധിക്കും തയ്യാറല്ല തത്വചിന്തയും പരമാർത്ഥത്തെ പറയും അതുകൊണ്ട് പറയുന്ന എന്താണ് സർവ ദുഃഖ നിവൃത്തിക്കും നിമിത്തമായിരിക്കുന്നത് അത് തുതിയ വിജ്ഞാനമാണ് മറ്റൊന്നുമല്ല ആ പരമാർത്ഥത്തിൽ നിന്നാൽ മതി ദുഃഖ നിവൃത്തികൾ സംഭവിക്കും അത് മനസ്സിലാക്കാമെങ്കിൽ അത് മതി ബോധം ഉള്ളിൽ സ്ഫുരിച്ചാൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞതാണ് അത് പര്യാപ്തമാണോ അല്ലെങ്കിലോ അതേ ശാസ്ത്രം തന്നെ നമ്മളെ സഹായിക്കും നമ്മളെ നിലയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതല്ലേ ചിലടത്ത് പറയും എന്താണ് ഈ ദുഃഖ മറ്റും പറയും സി പറയും പഞ്ചസാര ഈ സ്വയം എന്റെ മധുര അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യുന്നു പഞ്ചസാര ആകുന്നതിന് നല്ലത് പഞ്ചസാരയെ മധുരിക്കുന്നവനാകും എന്ന് പറയും അതും ശാസ്ത്രസമ്മതമായൊരു കാര്യം തന്നെ അബദ്ധമൻ തന്നെ ഞാൻ പറയുന്നു അങ്ങനെ സാധാരണ പറയാറുണ്ട് അത് പറയുന്നെങ്ങനെ ഇതിനോട് സന്ധി ചെയ്ത് പറയുന്ന പഞ്ചസാരയ്ക്ക് സ്വയം മധുരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് പരമാർത്ഥമായ തത്വം അതാണ് ഇവിടെ പറയുന്നത് എന്താ സുര്യൻ സ്വയം പ്രകാശിക്കുന്നവനാണ് അവന് അവന്റെ ഒരഭ്യാസം നടക്കത്തില്ല മറ്റൊരുവന്റെ അഭ്യാസവും നടക്കത്തില്ല അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പഞ്ചസാര അതിന്റെ മാധുര്യ അതൊന്നും ഇവിടെ സംഭവിക്കട്ടെ എന്തുകൊണ്ട് ീയനാണ് സ്വയം പ്രകാശിക്കുന്നവനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള തത്വമാണ് അവിടെ പറയുന്നത് പഞ്ചസാര സ്വയം മധുരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണോ സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റൊന്നുകൊണ്ടും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അവിടെ അതിന്റെ ആവശ്യമില്ല അതാണ് പരമാർത്ഥം പക്ഷെ ആ പരമാർത്ഥം നമുക്ക് ബോധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയായിരിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ മറ്റൊരു വഴിയുമില്ല അവിടെ ശാസ്ത്രം നമ്മളെ സഹായത്തിന് വരുക എന്താണ് മാറിയിരുന്നതിനെ അനുഭവിക്കുക ഇതാണ് സഗുണവും നിർഗുണവും തമ്മിലുള്ള വ്യത്യാസമെന്നെല്ലാം പറയും ശാസ്ത്രം തന്നെ കൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യത്യാസമാണ് അത് നമ്മളുമായിട്ട് സന്ധി ചെയ്യുന്നതാണ് നിനക്കതായി ഇരിക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് സ്വരീയസ്ഥിതനാകാൻ കഴിയില്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങളെ ആശ്രയിച്ചുകൊണ്ട് താത്കാലികമായ ദുഃഖ നിവൃത്തി വരുത്തിക്കൊള്ളുക എന്ന് ശാഖർ സംവദിച്ചിരിക്കുകയാണ് പക്ഷെ അത് ആത്യന്തിക ആത്യന്തികമെന്താണ് ദുഃഖ നിവൃത്തി തത് വിജ്ഞാനം കൊണ്ട് തന്നെ സംഭവിക്കണം തുരിയ സ്ഥിതനായി തന്നെ സംഭവിക്കണം അവിടെ പഞ്ചസാര വേര് അനുഭവിക്കുന്നവൻ വേര് അനുഭവം വേര് ഇങ്ങനെയൊന്നുമില്ല എല്ലാം പഞ്ചസാര അനുഭവിക്കുന്നവനും പഞ്ചസാര അനുഭവം പഞ്ചസാര അനുഭവ വിഷയമായിരിക്കുന്നു പഞ്ചസാര അതാണ് ഇവിടെ പറയുന്നത് സർവ്വദുഃഖങ്ങൾക്കും സാധകമായിരിക്കുന്ന ആ തുര്യൻ തന്നെ സർവദുഃഖങ്ങൾക്കും ബാധകവുമായിരിക്കുന്നു ഇല്ലാതാക്കുന്നു അവൻ തന്നെ അത് അദ്വയം ഇവിടെ പഞ്ചസാര പഞ്ചസാര അനുഭവിക്കുന്നവൻ അനുഭവം ഇങ്ങനെ മൂന്നില്ല ഏകമായ തത്വം മാത്രം അതാണ് നമ്മുടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് തത് വിജ്ഞാന നിമിത്തത്വ ദുഃഖനിവൃത്ത് ഇതാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ആ ഒരു തത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും ഉപായങ്ങൾ സ്വീകരിക്കണം നമുക്ക് പഞ്ചസാര ആകണ്ട പഞ്ചസാരയെ ആസ്വദിക്കുന്നവനാകാം അതുകൊണ്ടാണ് ആത്യന്തികമായി സഗുണ നിർഗുണങ്ങൾ തമ്മിൽ സംഘടനയല്ല എന്ന് പറയുന്നത് വിരുദ്ധമല്ലാന്ന് പറയുന്നു സഗുണമെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു അവിടെ ശ്രുതി ആചാര്യൻ ശാസ്ത്രം നമ്മുടെ നിലയിലേക്ക് താഴ്ന്നു വരുന്നു നിർഗുണമെന്ന് പറയുമ്പോൾ അതെല്ലാം അതിന്റെ നിലയിലേക്ക് കയറി ചെല്ലാം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം രണ്ടു തമ്മിൽ എന്താ രണ്ടിനെയും പരവുമായ താല്പര്യം വന്നു അത് സാന്ദർഭികമായി പറഞ്ഞ അവ്യയോ ന വേദി ന വിഭിചന രീതിയാവത് അടുത്തു പറയുന്നു ഇവിടുത്തെ സർവ്വ ദുഃഖങ്ങളുടെയും നമ്മുടെ ഈശാനൻ പ്രഭുവായിരിക്കുന്നവൻ അമ്പയനാണ് സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും അവന് മാറ്റം വരുന്ന ആ നിലയിൽ ഇവിടെ അങ്ങനെയല്ല അതിന്റെ താഴ്ന്ന തരങ്ങളിലാവുമ്പോൾ മാറ്റം വരുന്നതാണ് ഞാൻ മാറിയിരുന്നു ആ പഞ്ചസാര അനുഭവിക്കുന്നു അവിടെ മാറ്റമുണ്ട് സഗുണമായ അദ്വൈതമായ അനുഭവങ്ങളിലെല്ലാം മാറ്റം വലിയ വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ ആനന്ദങ്ങളെയൊക്കെ അനുഭവിക്കാൻ പറ്റും ഭൗതികമായും ആധ്യാത്മികമായും ഉള്ള ആനന്ദങ്ങളും ശ്രുതി തന്നെ പറയുന്നു ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിനെ കുറിച്ച് പറയും യുവാവിന്റെ ആനന്ദത്തെക്കാൾ വലുതാണോ ഇത്ര വൈശ്വര്യങ്ങളുമുള്ള സമ്പന്നനായ ഒരുവന്റെ ആനന്ദം ഇത്തരത്തിൽ ആനന്ദത്തെ വ്യാഖ്യാനിക്കുന്നു അതിന്റെ പരവുമായ അവധി ഭൂമാവാണ് അതാ ആനന്ദ സ്വരൂപനായ പരമാത്മാവ് തന്നെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഈ ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവിക്കുന്ന സ്ഥലം അതാണ് എല്ലാ അഭ്യാസങ്ങളും സമാധിപര്യന്തമുള്ള എല്ലാ സാധനങ്ങളും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെയല്ല അവിടെയുള്ള ഏറ്റക്കുറച്ചിൽ വരുന്നു സ്വരൂപാന്ത വിഭിചരതി തുരിയ സ്ഥിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിചരണം സംഭവിക്കുന്നില്ല അവന് അനുഭവിക്കാനായിട്ടൊരു ആനന്ദമില്ല അവന്റെ പ്രതീക്ഷയിൽ ഇനിയൊരു ആനന്ദം വലിയൊരു ആനന്ദം അതിനനുഭവിക്കാം അങ്ങനെ ഒന്നില്ല എന്തുകൊണ്ടവൻ ആനന്ദ സ്വരൂപനാണ് പ്രകാശം സങ്കൽപ്പിച്ചു നോക്കണം പ്രകാശം ഒരിക്കലും അതിന് സങ്കല്പിക്കുന്നതിന് ശേഷിയുണ്ടെങ്കിൽ ഇരുട്ടിണ മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രകാശത്തെ അത് സങ്കല്പിക്കത്തില്ല ആഗ്രഹിക്കത്തില്ല കാരണം അതിനത് സ്വയം പര്യാപ്തമാണ് സ്വയം അത് ഇരുട്ടിണ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു പിന്നീടത് ഒരു പ്രകാശത്തെ അപേക്ഷിക്കുന്നു അതുകൊണ്ട് പറയുന്നതാണ് പരാപേക്ഷ കൂടാതെ ഉള്ള പ്രകാശമാണ് സ്വയം പ്രകാശം അതുപോലെ തുര്യൻ എന്താണ് യാതൊരു തരത്തിലുള്ള വികാര അനുഭവങ്ങൾക്കും വിധേയനന്ത അതുകൊണ്ട് വേറെ സ്ഥലത്ത് ശ്രീ തന്നെ പറയുന്നതാണ് അനുഭവ അതീതം ബ്രഹ്മ എന്ന് പറഞ്ഞു സർവ്വ അനുഭവങ്ങൾക്കും അത് അതീതനാണെന്ന് പറഞ്ഞാൽ എന്താണ് അത് അനുഭവ സ്വരൂപമാണ് അപ്പോൾ അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല അത്തരം വികാരങ്ങളൊന്നും അവിടെ സംഭവിക്കാത്തതുകൊണ്ട് അറിവിന്റെ വികാരം ആനന്ദത്തിന്റെ വികാരം ആഗ്രഹത്തിന്റെ വികാരം തിരിയുടെ വികാരം കാരണം പ്രധാനമായി വരുന്ന വികാരങ്ങൾ ചിത്തത്തിൽ വരുന്ന വികാരങ്ങൾ ഇത്തരം വികാരങ്ങളൊന്നും അവിടെ സംഭവിക്കാത്തതുകൊണ്ട് ഇവിടെ എന്താണ് സ്വരൂപ നിന്നും സ്വരൂപത്തിൽ നിന്നും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അവിടെ സംഭവിക്കുന്നില്ല അവിടെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിയന് ബാധകമായി സംഭവിക്കുന്നില്ല അവിടെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ തുര്യനിൽ സാധകമായല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് തുര്യനെ സ്പർശിക്കത്തില്ല തുര്യന് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തുര്യനെ സ്പർശിക്കുന്നില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് കാഴ്ചകൾ നന്മയും തിന്മയും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നല്ലതും ചീത്തയും എല്ലാം ഉണ്ട് ആ നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒന്നും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നില്ലല്ലോ കണ്ണ് കേവലം അതിലേക്ക് കാണുന്നു അത്രയേ ഉള്ളൂ അതാണ് ഇതിനെല്ലാം സാധകമായി തുരിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് തുരിയെ ഇതിനൊന്നും ബാധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് വിഭിചരതി തുരിയെ ഒരു മാറ്റം ഇതൊന്നും ഉണ്ടാക്കുന്നില്ല കാണുന്ന ബസ് എന്നതുകൊണ്ട് കണ്ണ് ചവക്കുന്നില്ല വെളുത്തിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കണ്ണു വിളക്കുന്നില്ല കാച്ചയെ അത് ബാധിക്കുന്നില്ല കണ്ണിന്റെ കാച്ചെ അതുപോലെ ഒരു അനുഭവങ്ങളും ഈ തുരിയനെ സ്പർശിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നതിന് യാതൊരു മാറ്റമില്ലാതെ ഇരിക്കുന്നു തിരിയൻ എന്താണ് അതേസമയം കണ്ണിന്റെ മുമ്പിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അത് വേണമെന്നോ വേണ്ടെന്നോ കണ്ണിന് ആഗ്രഹമൊന്നും സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ ഈ ചിട്ടവൃത്തികളെല്ലാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഒടുങ്ങുന്നെങ്കിൽ ഒടുങ്ങട്ടെ തിരിയൻ അത് പ്രത്യേകിച്ച് അഭിപ്രായവും എന്ന് പറഞ്ഞാൽ അടുത്ത പറയും ജാഗ്രത്തിൽ എന്തു ചെയ്യുന്നു സ്വപ്നത്തിനും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സുഷുപ്തിലേക്ക് ചെല്ലുമ്പോഴോ ഇതെല്ലാം ഒടുങ്ങിപ്പോകും തിരിയൻ രണ്ടിനും ഏകാഭിപ്രായക്കാരനാണ് അവനെന്ത് ചെയ്യുന്നു ഇതിനെല്ലാം സാധകനായി തന്നെ നിലനിർത്തുന്നു തന്നിന് ഇതിനെയെല്ലാം നിലനിർത്തുന്നു പക്ഷെ സ്വയം തന്നെ അത് ബാധിക്കുന്നില്ല അതിന് തിരിയണ ബാധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അറിയുന്നു അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് അത് വിശദീകരിക്കും യസ്മാ അദ്വൈതഭാവാജിസർപ്പഷാ ഏഷ ദോ ദോതന ചതു വിപു വ്യാപയുന്നത് എന്താണ് വിദ്യുത് അനുഭവ സിദ്ധമായ കാര്യമാണ് വിദ്വാൻമാരുടെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അവിടെ പറയുന്നത് പുരിയന്റെ ഈ നില ഒരു കൽപ്പനയല്ല കാരണം ഒരു കല്പനയുടെ ആവശ്യം ഇല്ല തന്റെ ഉണ്മ തന്റെ കൽപ്പനെ ആശ്രയിച്ചല്ലെന്ന് ഉണ്മയെ ആശ്രയിച്ച് താൻ കൽപ്പിക്കുന്നു എന്നേ ാലും കല്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ഉണ്മ സ്വതന്ത്രമാണ് ആ ഉണ്മയാണ് തുര്യൻ അതുകൊണ്ടേ ഒരിക്കലും ഇതിനെ കൽപ്പന എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ബാക്കി നമ്മുടെ സങ്കല്പങ്ങൾ ഏത് സങ്കല്പവും അത് കൽപ്പന തന്നെയാണ് മറിച്ചത് എന്താണ് വിദ്വാൻമാരുടെ അനുഭവമാണ് തുര്യനെ സംബന്ധിച്ചുള്ളത് അങ്ങനാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്മൃത അങ്ങനെ സ്മരിക്കപ്പെട്ടിരിക്കുന്നു അനുഭവിച്ചാലേ സ്മരിക്കാൻ പറ്റും ഇവിടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതിനാണ് സ്മരണ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥിരയിൽ ഇങ്ങനെ ജ്ഞാനികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെ അദ്വൈത സർവഭാവ അദ്വൈതനായി സർവഭാവങ്ങളുടെയും ആധാരമായി ഇതിന് വെളിപ്പെടുത്തിയിരിക്കുന്നു സർവഭാവങ്ങൾ എങ്ങനെ രജസർപ്പവത് മൃഷാത്വ രജ്ജുവിലെ സർപ്പത്തെ പോലെ തനിൽ ആരോപിച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ തന്നെ ബാധിക്കാത്തതും താൻ സർവത്തിലും സാധകനായി അതാണ് രജ്ജു സർപ്പവത്വം എന്ന് ആ തത്വത്തിന്റെ പരവുമായ സൂക്ഷ്മതയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രജ്ജു സർപ്പം എന്ന് പറയുന്നത് ആ രജ്ജു സർപ്പ ദൃഷ്ടാന്തത്തിൽ ഒരു സൂക്ഷ്മതയുണ്ട് വളരെ സൂക്ഷ്മത നമുക്കറിയാമല്ലോ ആ അനുഭവം തന്നെ ക്ഷണികമാണ് ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ രജ്ജു സർപ്പം ഉണ്ടായി മറഞ്ഞു അപ്പൊ എത്രമാത്രം സൂക്ഷ്മമാണ് ആ സൂക്ഷ്മത ഈ തത്വഗ്രഹണത്തിനും ആവശ്യമാണ് അതുകൊണ്ടാണ് ആ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത് സയേഷ ദേവു ഈ ദേവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്വൈത സർവഭാവാനാം ദേവ ദേവനെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ദ്യോതന പ്രകാശിക്കുന്നതുകൊണ്ട് പ്രകാശം എന്ന് പറഞ്ഞ എവിടെ എന്താ അബോധസ്ഫുരണം അബോധസ്ഫുരണ രൂപത്തിൽ സർവത്തെയും ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ പറയുമല്ലോ സർപ്പത്തെ ആരോപിച്ചിരിക്കുന്നു പുറമേ ഒരു രജ്ജണ്ട് അതിൽ നമ്മൾ സർപ്പത്തെ കൽപ്പിച്ച് ഇവിടെ തുര്യനിൽ എന്താണ് തുര്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവഭാവന സർവഭാവങ്ങളെയും തുര്യനിൽ ആരോപിച്ചിരിക്കുന്നു പറയും തുര്യനിൽ സർവഭാവങ്ങളെയും ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആരാരോപിക്കുന്നത് സുര്യൻ സർവഭാവങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു സുര്യൻ സർവഭാവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു മനസ്സും ശരീരവും അവിടെ തുടങ്ങി ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഞാനും നീയും എല്ലാം എന്താണ് സുര്യന്റെ പ്രകാശത്ത് നിൽക്കുന്നു സുര്യൻ ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനാണ് ഇവിടെ ആരോപിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പുറമേ നമ്മൾ കാണുന്നതിനെ സംബന്ധിച്ച് ആരോപിക്കുക എന്ന് പറയും നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്താണ് തുര്യൻ ഗ്രഹിക്കുന്നു എന്ന് പറയും വേറെ രീതിയിലും പറയും എന്താണ് തുര്യന്റെ ആ ഇതെല്ലാം പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ദേവൻ എന്നൊരു പേര് വന്നത് ദേവൻ എന്നുള്ള ശബ്ദത്തിന് പ്രകാശിക്കുന്നവനെന്നോ പ്രകാശിപ്പിക്കുന്നവനെന്നോ അർത്ഥം പറയാം ഉദ്യോഗനാ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയാം പ്രകാശിക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം സ്വന്തം ഉണ്മ സത്ത അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിരപേക്ഷമായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ തുരിയൊരു കൽപ്പനയല്ലാന്ന് പറയുന്നത് ശരിയെ കൽപ്പിക്കാൻ അവിടെ ആരുമില്ല കാരണം സ്വന്തം ഉണ്മയിൽ സ്വന്തം സത്തയിലാണ് നിലനിൽക്കുന്നത് അതിനെ കൽപ്പിക്കാൻ മറ്റൊരുവന്റെ വേണാതില്ല ഇവിടെ എന്നിൽ താനില്ലാതെ വേറൊരുവനില്ലോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ് ഞാനെന്താ എന്നെ കൽപ്പിച്ചിരിക്കുന്നു മറ്റൊരാൾ എന്നിരിക്കുന്നു അതെനിക്ക് പറയാൻ കഴിയുന്നില്ല എനിക്ക് പരമാവധി എന്നെ സംബന്ധിച്ച് ഉള്ള ചിന്ത എല്ലാം തന്നെ അവസാനിക്കുകയാണ് അതുകൊണ്ട് സ്വയം സത്താരൂപത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇത് കല്പനയല്ല ഭാവനയല്ല ഇത് മാത്രമേ ഭാവനയാകാത്തതോ ഈ തുര്യന്റെ സ്ഫുരണം അകിലം നമ്മുടെ ഭാവനയാണ് തുര്യ സ്ഫുരണം ഭാവനയല്ല ആ തുര്യ സ്ഫുരണത്തിൽ സർവ്വ ഭാവനകളും വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ദേവനെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ എന്ന് പ്രകാശിപ്പിക്കുന്നവനെന്ന് എന്തുകൊണ്ട് പറയുന്നു മറ്റ് സർവത്തെയും ഇവൻ പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഈ പ്രകാശത്തിൽ മറ്റ് സർവ്വതും പ്രകാശിക്കുന്നു അതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തുരിയ സ്ഫുരണത്തിൽ മറ്റ് സർവവും അനുഭവപ്പെടും തുരിയ സ്ഫുരണം സ്വയം അനുഭവ രൂപത്തിൽ നിൽക്കുകയും മറ്റ് സർവവും എന്താണ് അതിൽ അനുഭവപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ദ്യോദന പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ ഇത് രണ്ടർത്ഥവും വരുന്നു ചതുർത്ഥിന്റെ അർത്ഥം പറഞ്ഞുകഴിഞ്ഞാൽ ചതുർത്ഥൻ പലതവണ പദവി ശദീകരിച്ചാണ് ചതുർത്ഥൻ എന്നുള്ള അർത്ഥം എടുക്കരുത് സർവദർക്ക് എന്നുള്ള അർത്ഥം കൊടുക്കണം എന്തുകൊണ്ട് വിശ്വന് സർവദർക്കല്ല തൈജസ് അതല്ല പ്രാജ്ഞനും അതല്ല ഇവർക്ക് പരസ്പരം പരിചയമില്ല വിശ്വനിൽ തൈജസ്സിനില്ല പ്രാജ്ഞനില്ല പ്രാജ്ഞനൽ ഇത് രണ്ടുമില്ല സുര്യനാണെങ്കിലോ അടുത്തുപറയും സർവ അതുകൊണ്ട് അവന് ചതുർത്ഥനെന്ന് പറഞ്ഞു ഈ മൂന്നിൽ നിന്നും വിലക്ഷണം കഴിഞ്ഞ ദിവസം അത് വ്യാഖ്യാനിച്ചാണ് സർവവ്യാപിയായിരിക്കുന്നു സർവവ്യാപിന്ന് പറഞ്ഞാലും മറ്റു സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പം എന്താണ് തൂണിലും ദുരുമ്പിലും എല്ലാം നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയൊരു സങ്കല്പമാണ് തൂണിലും ദുരുമ്പിനും ഒക്കെ വ്യാപിച്ചിരിക്കുന്നവനാണ് സർവ്വവ്യാപി ഈശ്വരനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്താണ് തൂണിലും ദുരിമ്പിലും എല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ ഇവിടെ ആർത്തമുണ്ട് പക്ഷെ അത് പോരാ മാണ്ഡവികത്തിൽ അങ്ങനെ ചിന്തിച്ചാൽ പോര എന്തുകൊണ്ട് ഈ തൂണിലും തുരുമ്പിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്നവനാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജാഗ്രത് സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നോണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ജാഗ്രത പരമാർത്ഥമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവവും എന്ന് പറഞ്ഞാൽ ഈ തൂണും ദുരുമ്പൊക്കെയാണ് അതെപ്പോഴും ഓർക്കണമെന്താണ് അത് മൂന്നിടന്നേ ആകുന്നുള്ളൂ മൂന്നിടൊന്ന് മാത്രമേ ആകുന്നുള്ളൂ ജാഗ്രത ഇവിടെ സർവ്വവ്യാപി എന്ന് പറഞ്ഞാലോ ജാഗ്രതും സ്വപ്നത്തിനും സുഷത്തിലും എല്ലാം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൂണും തുരുമ്പെന്ന് പറയുമ്പോൾ സുഷുത്തിയിലുണ്ടോ ഇല്ല സ്വപ്നത്തിലുണ്ടോ ഇല്ല അപ്പോ അതിനെ രണ്ടിനെയും വിട്ടിട്ട് ഇവിടെ ഒരു ചിന്തയും ഒരു തത്വവും വ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ധർമ്മങ്ങളിലും മൂന്ന് ധർമ്മികളിലും വ്യാപിച്ചിരിക്കുന്നവൻ സർവദൃക് അപ്പത് കേവലം ജാഗ്രത് ബോധത്തിൽ നിന്നുകൊണ്ട് സർവ്വ മനസ്സിലാക്കാൻ പാടില്ല ഇതിന് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഇവിടെ ഒരു തരത്തിൽ മൂന്നിനും തുല്യ പ്രാധാന്യമാണ് ജാഗ്രത്തിന് സ്വപ്നത്തിന് സൃഷ്ടിക്കും ഒരേ പ്രാധാന്യമാണ് എന്തുകൊണ്ട് വിശ്വനും തയ്യസനും പ്രാജ്ഞനും ഒരേ പ്രാധാന്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ധർമ്മങ്ങളാണിത് മൂന്ന് അതിനെ താങ്ങി നിൽക്കുന്ന ധർമ്മികളാണ് വിശ്വതൈസ് പ്രാജ്ഞന്മാർ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു ഇതിന് മൂന്നിനും ഒരേ പ്രാധാന്യം എന്തുകൊണ്ട് വന്നു മൂന്നും തുര്യനിൽ യാതൊരു പക്ഷപാതവും ഇല്ലാതെ ഒരുപോലെ ആരോപിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ തുര്യൻ ഇതിനു മൂന്നിനും ഒരേപോലെ ആധാരമായിരിക്കുന്നു തുര്യനിൽ മൂന്നിനും ഒരേ സ്ഥാനം അതുകൊണ്ട് വിഭു വ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ് ജാഗ്രത സ്വപ്ന സുശക്തികളിലും വിശ്വതജസ്വ്രാജ്ഞന്മാരിലും സർവത് തൃക്കായിരിക്കുന്നവൻ എന്നുള്ള വിശാലമായ അർത്ഥത്തെ എന്നുള്ള കാര്യം സ്മൃത സ്മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരുടെ അനുഭവമാണിത് അനുഭവത്തെ അവർ വീണ്ടും പറഞ്ഞിരിക്കുന്നു സ്വ അനുഭവത്തെ ആവർത്തിച്ചു പറയുന്നു ഇതാണ് പരമാർത്ഥം തുര്യനാണ് പരമാർത്ഥം ബാക്കി ഇതെല്ലാം ആരോപിതമാണ് തുര്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ നിന്നും സ്വതന്ത്രമായി നിലനിൽക്കത്തതാണ് തുര്യനിൽ നിന്നും വേറിട്ടിരിക്കുന്നു നിൽപ്പില്ല എന്നാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു എന്നാണ് നിവൃത്തി നാം യാ അദ്വൈതസഭാവാസ്തുയോസ്മൃത കാര്യബൗ തൗ ഇഷ്യേതൈജസൗ പ്രണബസ്ത എന്ന സിദ്ധ്യത ശ്രുതിയിലും ഭാഷത്തിലും പറഞ്ഞ കാര്യം തന്നെ കരിക അതിനെ ഒന്നുകൂടി വിശദീകരിക്കുന്നു കരികയുടെ ഭാഷയിൽ വിശദീകരിക്കുന്നു അത് എന്തിനു വേണ്ടി ആ തുരിയെ ഒന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വിശ്വാധീനം സാമാന്യ വിശേഷഭാവോ നിരൂപ്യത വിശ്വതൈസ്വരാജ്മാരുടെ ആ പൊതു സ്വഭാവം ഓരോന്നിന്റെയും വിശേഷഭാവങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്താണ് അതിനെ നിരൂപണം ചെയ്യുന്നു നിരൂപണം ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം തന്നെയാണ് നമ്മുടെ അനുഭവത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറില്ല നിരൂപണം ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു ചിന്തിച്ചാലേ ആ സത്യം പ്രി കിട്ടത്തുള്ളൂ നേരത്തെ പറഞ്ഞു പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചിന്തിക്കിന്തിക്കുന്നു എന്നർത്ഥം പല കാര്യങ്ങളെങ്ങനെയാണ് പറയുന്നവർ അനുഭവിച്ചാലും പഠിക്കത്തില്ല എന്ന് പറയും അനുഭവിച്ചാലും മനസ്സിലാകത്തില്ല ഇന്നതാണ് അനുഭവിക്കുന്ന മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനാരെങ്കിലും ബോധ്യപ്പെടുത്തണം മറ്റാർക്കും വേറൊരാളിന്റെ ഉള്ളിൽ കയറി ഒന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല സ്വയം തന്നെ ബോധ്യപ്പെടണം കേട്ടിട്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടും അതിനുവേണ്ടി സ്വയം ചിന്തിക്കാൻ വേണ്ടി ഇവിടെ നിരൂപണം ചെയ്യും ചിന്തിക്കും അത് എന്തിനു വേണ്ടി ത്വര്യ യാഥാത്മ്യ ആത്യന്തികമായി ഇവിടെ സംഭവിക്കേണ്ട ഇതാണ് ശാസ്ത്രജ്ഞന്റെ പരമമായ ഉദ്ദേശം അതാണ് ഭക്ഷ്യകാരൻ ആവർത്തിച്ചാർത്തി പറയുന്ന ഇതാണ് തുര്യ ത്രിയൻ തുരിയൻ രണ്ട് ശബ്ദവും ശരിയാണ് തുര്യൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണെന്ന് ധരിച്ചു കളയുന്നു തിരിയനെന്നോ തിരിയനെന്നോ രണ്ടും പറയാം തുരിയഥാത്മ്യം തിരിയന്റെ പരമാർത്ഥ സ്ഥിതി വാസ്തവസ്ഥിതി അതിന്റെ അവധാരണം അതിന്റെ നിശ്ചയം പദർത്ഥം അതിനുവേണ്ടിയാണ് ഈ ചർച്ചകൾ മുഴുവൻ ഇവിടെ പറയുന്നു തിരിയണം ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്രോതാവിന്റെ നില മനസ്സിലാക്കുന്നു എന്താണ് അവന് പിടികിട്ടിയില്ല ഒരു ഭാഷ മാറ്റി പറയും വേറെ ഭാഷയിൽ പറയും വേറെ യുക്തികൾ ഉപയോഗിക്കുന്നു പല അനുഭവത്തിന്റെ തലങ്ങളെ കാണിച്ചു കൊടുക്കും എല്ലാത്തിന്റെയും ലക്ഷ്യമൊന്നും തന്നെ എന്താണ് ആ തുര്യന്റെ നിശ്ചയം അവന് വരണം ആ അവന്റെ ഉള്ളിൽ മറമാറി പ്രകാശിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഇത് വീണ്ടും വേറെ രീതിയിൽ പറയുന്നത് വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ വിശ്വ തേസ്സ പ്രാജ്ഞന്മാരുടെ സാമാന്യ വിശേഷങ്ങളെ കുറിച്ച് പറയുന്നു അതിന് വിശദീകരിക്കുന്നു കാര്യകാരണബദ്ധോ അതിന് വിശദീകരിക്കുന്നു കാര്യം ഫലഭാവം അതാണ് കാര്യം ഫലം എന്നുള്ള അവസ്ഥ അതാണ് ഫലഭാവം അതാണ് കാര്യം ഫലഭാവമാണ് പുസ്തകത്തിന് ആരോ തിരുത്തിയിരിക്കുന്നു ഫല അഭാവം തന്നെ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടോന്നറിയത് ഫലഭാവം എന്നുള്ളതിനാണ് ശരി അങ്ങനെയാണ് പ്രിന്റ് വിചാരിച്ച് ആരോ അതിനെ തിരുത്തിയിരിക്കുന്നു ഈ ഫലഭാവം എന്നാണ് ശരി ഫല അഭാവം ഒന്നല്ല കാര്യമെന്ന് വെച്ചാൽ എന്താണ് ഫലം എന്നുള്ള സ്ഥിതി ഫലമെന്നുള്ള അവസ്ഥ കാരണമെന്ന് പറയുന്നതോ കരോതീതി അത് അവിടെ വ്യാകരണത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് അർത്ഥത്തെ കണ്ടെത്തിയിരിക്കുകയാണ് കാര്യം സ്ത്രീയുടെ കർമ്മണി പ്രത്യമാണ് കൊണ്ട് ചെയ്യപ്പെടുന്നത് എന്താണ് ീടകർമ്മം അത് ഫലമാണ് കാരണം കരോതീതി കർത്തൃവിത്പത്തിയാണ് മറ്റത് കർമ്മവിത്പത്തിയാണ് അതിന് വ്യാകരണ കാര്യങ്ങളുണ്ട് ചെയ്യുന്നവൻ എന്ന് പറയുമ്പോഴാണ് കാരണം ബീജഭാവം ബീജമെന്നുള്ള അവസ്ഥ ഭാഷകാരന്റെ വിത്പത്തി അനുസരിച്ച് അതിന്റെ നിയമങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അസംബന്ധം പറഞ്ഞാൽ വ്യാഖ്യാനമാകത്തി പറഞ്ഞില്ലെങ്കിലും അവന്റെ നിയമങ്ങൾ അവിടെ പാലിച്ചില്ല അതുകൊണ്ട് ഫലം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുന്ന കാരണവും കാര്യവും അതിൽ ഇവിടെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി തത്വ അഗ്രഹണ അന്യഥാഗ്രഹണാഭ്യാം ബീജഫല ഭാവാഭ്യം യഥോക്യജസ് ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഫലം തത്വ അന്യഥാഗ്രഹണം എന്താണ് സ്വപ്നത്തിലും ജാഗ്രതത്തിലും സംഭവിക്കുന്ന എന്താണ് തത്വത്തിന്റെ അന്യഥാഗ്രഹണം തത്വത്തെ മറ്റൊന്നായി ഗ്രഹിക്കുന്നു ഇവിടെ ഗ്രഹിക്കാനൊന്നേ ഉള്ളൂ തും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തത്വം തന്നെ തത്വം എന്ന് പറഞ്ഞാൽ തുരിയൽ ആ തുര്യനെ മറ്റു തരത്തിൽ ഗ്രഹിക്കുന്നതാണ് ഈ ജാഗ്രതും സ്വപ്നവും മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ആ തുരിയെ ഞാനെന്ന് ഗ്രഹിക്കുന്നു എന്റെ എന്ന് ഗ്രഹിക്കുന്നു ഈ സർവപ്രപഞ്ചരൂപത്തിൽ തന്നെ ഗ്രഹിക്കുന്നു അതാണ് അന്യഥാഗ്രഹണം ഇതാണ് കാര്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ഇതാണ് ജാഗ്രത്തിനും സ്വപ്നത്തിനും സംഭവിക്കുന്നത് സുഹൃത്തിയിലാണെങ്കിലോ തത്വ ആഗ്രഹണം സംഭവിക്കുന്നു അവിടെ തത്വത്തെ ഗ്രഹിക്കുന്നില്ല മറിച്ച് തത്വത്തെ അഗ്രഹണ രൂപത്തിൽ ഗ്രഹിക്കുന്നും പറയാം ആഗ്രഹണം ഗ്രഹിക്കാതിരിക്കലും ഇവിടെ ഒരു ഗ്രഹ ഗ്രഹിക്കലാണ് ത്തിന്റെ അടുത്തെവിടെന്നെ ഇരുട്ടും കാണും വെളിച്ചമുള്ള വെളിച്ചത്തെ പൊതിഞ്ഞപ്പോഴും ഇരുട്ടും കാണും ഇരുട്ടില്ലാത്ത ഭാഗമുണ്ട് പക്ഷെ അടുത്തായിട്ട് തന്നെ എന്തുവരും ആ വെളിച്ചത്തിന്റെ തീവ്രത അനുസരിച്ച് ഇരുട്ട് മാറി മാറി നീക്കുകയുള്ളൂ പക്ഷെ ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോകാൻ കഴിയിട്ടില്ല ഇരുട്ടിന്റെ ഒരു സ്വഭാവമാണ് അതിനാണ് ഈ തത്വ ആഗ്രഹമെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് തത്വം പ്രകാശിക്കുന്നല്ല വെളിച്ചം പ്രകാശിക്കുന്നുണ്ടെന്നല്ല വെളിച്ചത്തിന്റെ അടുത്ത് ഇരുട്ടുണ്ടെന്ന് പറയുന്നു ഏത് വിളക്കം നോക്കുക അതിന്റെ അടുത്തൊരു നിഴന്നും കാണും അതാണ് ഇരുട്ടെന്ന് പറയുന്നത് വിളകിനൊരിക്കലും നെഴിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല രണ്ടും ജഡമാണ് രണ്ടും ഭൗതികമാണ് രണ്ടും പരസ്പര സാപേക്ഷമാണ് അതുപോലെ ഈ തത്വം പ്രകാശിക്കുന്നിടത്ത് തന്നെ അഗ്രഹണവും തത്വത്തിന്റെ ഒരു മറയുണ്ട് ആ തത്വത്തിന്റെ മറ തത്വത്തിനൊരു മറവുണ്ട് എന്നുള്ളതിന്റെ അനുഭവമാണ് സുഷുപ്തി അത് ജാഗ്രത്തിലും സ്വപ്നത്തിലും ഉണ്ടാ മറ തത്വത്തെ മറച്ചിരിക്കുന്നു പക്ഷെ സുഷുപ്തില്ല എന്താണെന്ന് അത് സ്പഷ്ടമാണ് കാരണം അവിടെ മറ മാത്രമേ ഉള്ളൂ അന്യഥാഗ്രഹണമില്ല പലതരത്തിലുള്ള കാഴ്ചകളില്ല അവിടെ അതുകൊണ്ട് അവിടെ ആഗ്രഹണം സ്പഷ്ടമായിരിക്കുന്നു അമ്മ സ്പഷ്ടമായിരിക്കുന്നു ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഹൃത്തിനുള്ള ഈ അഗ്രഹണം ഈ മറ ഇതാണ് ബീജമായിരിക്കുന്നത് സർവത്തിന് അതാണ് പറയാറുണ്ടല്ലോ സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ അതിനെ സംബന്ധിച്ച തർക്കം വരും അതെങ്ങനെ ഉണ്ടാവും ഉണ്ടായെങ്കിൽ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അപ്പൊ അവിടെ ദ്വൈതമായില്ലേ അദ്വൈതമായില്ലേ എന്നൊക്കെ തർക്കങ്ങൾ വരും ആ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ സുഷുപ്തിയെ മാത്രം നിർത്തി ചിന്തിക്കുന്നോണ്ടാണ് ഈ ആഗ്രഹണം ജാഗ്രത സ്വപ്നത്തിനും സുഷുപ്തിയെ സംബന്ധിച്ച് വരുന്ന എല്ലാ ചോദ്യങ്ങളും ജാഗ്രതത്തിനും സ്വപ്നത്തിനും തുല്യമാണ് പക്ഷേ സ്വപ്നത്തിനും ജാഗ്രതത്തിനും എന്താണ് പ്രത്യേകത ഈ ആഗ്രഹണത്തോടൊപ്പം അനുയഥാഗ്രഹണവും നിൽക്കുന്നു പലതും നമ്മളിവിടെ അറിയുന്നു അവിടെ ഒന്നും അറിയുന്നില്ല അറിവില്ലായ്മ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ പലതും അറിയുന്നു അവ പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കഴിഞ്ഞ കാര്യമെന്ന് പറയുന്നു ഏതിന്റെ കാര്യമാണ് സുഷുപ്തിയുടെ കാര്യം സുഷുതിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹണത്തിന്റെ ഫലമാണത് അഗ്രഹണത്തിൽ നിന്നും അന്യഥാഗ്രഹണത്തിലേക്ക് സുഷുതിയിൽ നിന്നും ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് അതുകൊണ്ട് സുഷുതി എന്ന് പറയാം ബീജം എന്ന് പറയാം ഈ കാണുന്ന ജാഗ്രത സ്വപ്നത്തെയോ ഫലം കാര്യം എന്ന് പറയാം സുഷുതി കാരണം എന്ന് പറയാം ഇതിന്റെ സമാനത എന്താണ് രണ്ടിന്റെയും മൂന്നിന്റെയും മൂന്നിടത്തും ആഗ്രഹണം നിലനിൽക്കുന്നു മൂന്നിടത്തും നിദ്ര നിലനിൽക്കുന്നുണ്ട് ജാഗ്രതത്തിലും നമ്മൾ ഉറങ്ങുന്നു സ്വപ്നത്തിനും ഉറങ്ങുന്നു സുഷുതി ചെറു പറയുന്ന എന്താണ് ധരിച്ചിരിക്കുന്നത് ഉറക്കത്തിലാണോ സ്വപ്നം എന്നാണോ അങ്ങനെ ധരിച്ചിരിക്കുന്നു ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നു ഭാഗികമായി ശരിയാണ് നമ്മൾ ഉണർന്നിരിക്കുന്നതും ഉറക്കത്തിൽ തന്നെ ാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത് ഈ ജാഗ്രത്തിൽ ആഗ്രഹണത്തെ വിട്ടിട്ട് ഉണരുകയാണെങ്കിൽ അവൻ തുല്യ സ്ഥിതനായി അതാണ് വ്യത്യാസം ഇപ്പം സ്വപ്നം കാണുന്നത് മാത്രമല്ല ഉറപ്പ് ഉണർന്നിരിക്കുന്നതും അതിൽ തന്നെ അതുകൊണ്ടെന്തു വരുന്നു ഒരിക്കലും എന്താണ് കാര്യത്തിന് കാരണത്തെ വിട്ട് നീക്കാൻ പറ്റത്തില്ല കാരണമായി ഇവിടെ എന്തിനാണ് പറയുന്നത് അഗ്രഹണത്തെയാണ് അറിവില്ലായ്മയാണ് അറിവില്ലായ്മയെ വിട്ടിട്ട് അതിന്റെ കാര്യമായിരിക്കുന്ന ഗ്രഹണത്തിന് നീക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും മണ്ണെനെ വിട്ടിട്ട് കൊടം നിൽക്കുമോ നിൽക്കത്തില്ല അതുകൊണ്ട് ഈ ഗ്രഹണം അതായത് ജാഗ്ര സ്വപ്നങ്ങൾ അതിന്റെ കാരണമായിരിക്കുന്ന അഗ്രഹണത്തോടുകൂടി തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് എന്നാലും ഇവിടെ പ്രാധാന്യം സുഷുപ്തിക്കാണ് എന്തുകൊണ്ട് സുഷുതിക്ക് പ്രാധാന്യം വന്നു അവിടെ ഈ അന്യഥാഗ്രഹണം ഇല്ല അതുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സൗകര്യമാണ് സുഷുപ്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വ പ്രമാണമാണ് ആത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന മറയ്ക്കും അത് തന്നെ പ്രമാണം ജാഗ്രത അത്രയും സ്പഷ്ടമല്ല എന്നുകൊണ്ട് ജാഗ്രത നമ്മുടെ മനസ്സ് അന്യതാഗ്രഹണത്തിൽപ്പെട്ടുപോകും നാനാത്വങ്ങളിലേക്ക് പെട്ടുപോകും അവിടെ അങ്ങനെ അവിടെ ഈ അന്യതാഗ്രഹണമില്ലാത്തോണ്ട് നമ്മൾ പറയുന്നു ആ മറയിൽ ഞാൻ സുഖമായി ഉറങ്ങി അവിടെ ആ മറയും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ജ്ഞാനം മാത്രം അവിടെ അത് കുറച്ചുകൂടി സ്പഷ്ടമാണ് ആഗ്രഹം ഇവിടെ ഈ കോലാഹലങ്ങളിൽ പെട്ടിരിക്കുന്നുണ്ട് ആഗ്രഹമല്ല അന്യഥാഗ്രഹണമാണ് സ്പഷ്ടമായിരിക്കുന്നത് പക്ഷെ ഇവിടെയും അതുണ്ട് ഉറക്കം ജാഗ്രത്തിനും സ്വപ്നത്തിനും സൃഷ്ടിയിലും എല്ലാം ഉണ്ട് എപ്പോഴും നമ്മൾ ഉറങ്ങുകയാണ് ഉറക്കത്തിൽ നിന്ന് നമ്മളിവിടെ ആ ഉറക്കത്തെ വിടാതെ നിന്ന് ഇത്രേ സ്വപ്നത്തിൽ സംഭവിക്കുന്നുള്ളു അവിടെയും ഉറക്കത്തെ വിടാതെ ഉണരുന്നു ഇവിടെയും ഉറക്കത്ത് വിടാതെ കൊണ്ടരുന്നു അതാണ് അതിന്റെ സാമാന്യം നേരത്തെ പറഞ്ഞിവിടെ സാമാന്യ വിശേഷഭാവങ്ങളെ കാണിക്കണം തത്വഗ്രഹണ അന്യഥാഗ്രഹണാഭ്യാം ബീജഫല ഭാവാഭ്യം വിശ്വതൈജസ്സന്മാരെ ഇതുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് വിശ്വതൈജസന്മാർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വ തൈജസ്വഭാവങ്ങൾ ഇതിനെ ആശ്രയിച്ചു നിലക്കുന്നു വീജഭാവത്തെയും ഫലഭാവത്തെയും ആശ്രയിച്ചു നിലക്കുന്നു വിശ്വൻ ഉണർന്നിരുന്ന നാനാത്വത്തെ കാണുന്നത് അടിസ്ഥാനപരമായി ഈ തുര്യനിലെ മറ നിലനിൽക്കുന്നതുകൊണ്ടാണ് തൈജസ്സൻ അതുപോലെ ഉണർന്ന് ദൃശ്യങ്ങളെ അനുഭവിക്കുന്നതും ആ മറ നിലനിൽക്കുന്നോണ്ടാണ് പ്രാജ്ഞന്റെ കാര്യം വിശേഷിച്ച് പറയാനും അങ്ങനെ ബീജഫലങ്ങളെക്കുറിച്ച് പറയുകയാണ് പ്രാജ്ഞസ്തു ബീജഭാവേ നൈവദ് പ്രാജ്ഞന്റെ പ്രത്യേകത എന്താണ് അവിടെ ആ ബീജഭാവം മാത്രമേ ഉള്ളൂ തത്വാഗ്രഹണം മാത്രമേ ഉള്ളൂ അന്യതാഗ്രഹണമില്ല അവിടെ ഉറക്കം മാത്രമേ ഉള്ളൂ ഉണർവില്ല ഇവിടെ ഉറക്കുമുണ്ട് അതേസമയം ഉണർവുണ്ട് ഉണർവുള്ളത് കൊണ്ട് പലത് കാണും ഉറക്കമുള്ളത് കൊണ്ട് സുര്യനെ പിടികിട്ടുന്നില്ല അതാണ് രണ്ടിന്റെയും സാമാന്യ സ്വഭാവവും വിശേഷ സ്വഭാവവും സാമാന്യ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് ഈ ഉറക്കം മൂന്നവസ്ഥയിലും ഉണ്ട് വിശേഷ സ്വഭാവം എന്ന് പറയുന്ന എന്താണ് പ്രാജ്ഞനിൽ ഉറക്കം മാത്രമേ ഉള്ളൂ വിശ്വതജസ്സന്മാരിൽ ഉണർവ് കൂടിയുണ്ട് ഇതാണ് അതിന്റെ വിശേഷഭാവങ്ങൾ തത്വപ്രതിബോധമാത്രമേവി ബീജം പ്രാജ്ഞത്വ നിമിത്തം തദൌ ൗ ബീജഫലഭാവു തഹണ അന്യഥഗ്രഹണേ സൂര്യേ ന വിദ്യേതേ ന സംഭവത ഈ തുര്യൻ സർവദൃക്കായിരിക്കുന്ന ഈ തുര്യൻ പ്രാജ്ഞഭാവത്തെ പ്രാപിച്ചു ആ തുര്യൻ തന്നെയാണ് പ്രാജ്ഞനായിരിക്കുന്നത് തുര്യനും പ്രാജ്ഞനും രണ്ടല്ല എന്നിവിടെ പറയുന്നുണ്ടരേ അതേ തുര്യൻ തന്നെ പ്രാജ്ഞനായിരിക്കുന്നു എന്താ അങ്ങനെ സംഭവിച്ചത് തത്വപ്രതിബോധം തുര്യന് തന്നെ ബോധ്യപ്പെട്ടില്ല അല്ലെങ്കിൽ മറ്റു രീതി പറയാൻ എന്താണ് തുര്യനിലെ ആ മറം മാറിപ്പോയില്ല അത് സംഭവിച്ചില്ല അതുകൊണ്ടാണ് തത്വ അപ്രതിബോധം എന്ന് പറയുന്നത് തത്വം എന്ന് പറഞ്ഞാൽ തുര്യൻ അതിന്റെ ഒരു ബോധം അവിടെ ഉണ്ടായി ആ മറ മാറിയില്ല ബോധം ഉണ്ടാകാന്ന് വെച്ചാൽ മറം മാറുക അത് മാറിയില്ല അതാണ് വീരമായിരിക്കുന്നത് അതാണ് പ്രാജ്ഞഭാവത്തിന് നിമിത്തമായിരിക്കുന്നത് പിന്നെ ആ മറയിൽ ഉറങ്ങുന്നു ആ മറ നിക്കുന്നോണ്ട് ഉറങ്ങുന്നു പറയുന്നു തത്വ അടുത്തു വരുന്ന രണ്ടുപേര് വിശ്വതേജസ്സന്മാര് ബീജഭാവത്തിനും ഫലഭാവത്തിലും ഇരിക്കുന്നു തത്വ ആഗ്രഹ അന്യഥാഗ്രഹണേ തത്വഗ്രഹണം മൂന്ന് ഭാഗത്തും അന്യഥാഗ്രഹണം രണ്ട് ഭാഗത്തും അത് ഇതിവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ട് വാസ്തവ സ്വരൂപം നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് തുര്യൻ അതില്ല അതാണ് വ്യത്യാസം സംഭവതാ അത് ഒരിക്കലും അതിൽ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തുര്യനിൽ തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ തുരിയിൽ തന്നെ പ്രാജ്ഞനായും വിശ്വനായും തൈജസ്സനായും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയെ തന്നെ പരമാർത്ഥത്തിൽ അതിൽ സംഭവിക്കുന്നില്ല അതാണ് പറയുന്നത് തന്നെ ഇതിനെല്ലാം സാധകനായിരിക്കെ തുല്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല അതാണ് പറയുന്നത് ീയന്റെ സർവബാധ വിനിർമുക്തമായ ആ സ്വരൂപം അതിനെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് എന്തുകൊണ്ട് ഈ ബോധം തന്നെ ഇതിനോടെല്ലാം താതാന്മ്യപ്പെട്ട് ഈ മറയോട് തത്വഗ്രഹണത്തോട് അന്യതാഗ്രഹണത്തോടൊക്കെ താതാന്മ്യപ്പെട്ടിട്ട് തന്നെ സ്വയം നിശ്വത്തൈസ്വഭാവത്തിലെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം നമുക്ക് കിട്ടിയതായിരിക്കും അനുഭവത്തിൽ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ് വിശ്വം എന്നുള്ള പേര് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ നിൽക്കുന്നത് ഈ വിശ്വം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും സ്ഥിതിന്റെ പരമാർത്ഥ സ്ഥിതിയെ വേർതിരിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാമാന്യ വിശേഷഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് പരമാർത്ഥത്തിൽ അതവിടെ സംഭവിക്കുന്നില്ല എന്നാൽ പരമാർത്ഥമല്ലാതെയല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം പക്ഷെ രണ്ടിനും വലിയ പ്രാധാന്യമാണ് എന്നു പറഞ്ഞാൽ തുര്യൻ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ശാസ്ത്രമില്ല ശാസ്ത്രാവില്ല ശിഷ്യനില്ല അവിടെയാണ് പറയുന്നത് ഗുരുവില്ല ശിഷ്യനില്ല ബന്ധമില്ല മോക്ഷമില്ല എന്നൊക്കെ പറയുന്നത് മറ്റൊന്ന് പറയുന്നുണ്ടല്ലോ തത്വാഗ്രഹണം അന്യഥാഗ്രഹണം തുടങ്ങിയെല്ലാം ഈ തുന സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് അനുഭവം പരമാർത്ഥമുണ്ടെങ്കിൽ അതൊരനുഭവമാണ് മാറാത്ത അനുഭവം പരമാർത്ഥമെന്ന് തോന്നുന്ന അനുഭവം ആ അനുഭവത്തിൽ ശാസ്താവും ശാസ്ത്രവും ശിഷ്യനും ബന്ധവും മോഷണവും എല്ലാം ഉണ്ട് ഈ രണ്ട് തലങ്ങളും ഇവിടെ വേറെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ല്ല രണ്ടിനെ രണ്ട് തരത്തിൽ ബോധിക്കണം ഒന്നിനെ പരമാർത്ഥമായിട്ടും ഒന്നിനെ ആ യഥാർത്ഥമായിട്ടും ബോധിക്കണം അതിനുവേണ്ടിട്ടാണ് ഇവിടെ അസാമാന്യ വിശേഷഭാവങ്ങളെ കുറിച്ച് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞത്യേനിൽ ഇതൊന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന സംഭവത ൈജസൗസ്ൗ തുര്യണ സി